ശ്രീമദ്ഷ്യമാനുജ വിരചാദാംൂരഹധ്യാന വിദ്യുസ്ഥകന്മഷ വസ്തുത ഉപയാതോ യാമുനേയം നമാമിതം ാം ബിരുഹദ്ധ്യാമുനേയൻ്റെ പാദങ്ങളുടെ ധ്യാനം കൊണ്ട് ഉദ്ധസ്ത ശേഷ കൽമക്ഷം സർവകൽമശങ്ങളും നിശ്ചവനായ നിശ്ചവനായി വസ്തുതാം ഉപയാത വസ്തുവായി ഉപയാത ആയിത്തീർന്ന് പ്രാപിച്ച അഹം ഞാൻ രാമാനുജാചാര്യൻ യാമുനേയം തം യാമുനേയം നമാമി ആമുനേയമുനിയെ നമസ്കരിക്കുന്നു അധ്യായത്തിൻ്റെ സാരം അത് ഗീതാർത്ഥ സംഗ്രഹം അനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത് യാമനമുനി രചിച്ചാണ് ഗീതാർത്ഥ സംഗ്രഹം അതിൽ ആദ്യത്തെ പദ്യം സ്വധർമ്മ ജ്ഞാന വൈരാഗ്യ സാധ്യ ഭക്തീക ഗോചര നാരായണ പരം ബ്രഹ്മ ഗീതാശാസ്ത്രീയ സമീപിച്ചത് ഈ ഒരു ആശയം വെച്ചുകൊണ്ടാണ് ഗീത മുഴുവൻ വ്യാഖ്യാനിക്കുന്നത് ഒന്നാം പദ്ധതി ഒന്നാം അധ്യായം മാത്രമല്ല ഇതാണ് ഈ ഭാഷ്യത്തിൻ്റെ സാരം സുധർമ്മം ഇതിലൊരു ഈ പുസ്തകമാണ് രണ്ടാം പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ രണ്ടാമത്തെ വരി സ്വധർമ്മ സസ്യധർമ്മം അത് ഇതിനെ തന്നെ വേദാന്താചാര്യൻ്റെ വ്യാഖ്യാനമുണ്ട് എന്ന് പറയുന്നതിന് വർണ്ണ ആശ്രമധർമ്മങ്ങൾ എന്നാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർമ്മയോഗം എന്ന് പറയും അതിന് വിശദീകരിക്കും നമ്മൾ മുമ്പ് പഠിച്ചതുപോലെയല്ല അതിന് വ്യത്യാസം വരും ഞാനും കർമ്മയോഗം കുറിച്ച് അതാത് ആശ്രമങ്ങൾക്ക് അനുയോജ്യമായ കർമ്മം അതനുഷ്ഠിക്കുക ഇപ്പോൾ അതിലാർക്കും ഇളവൊന്നുമില്ല അപ്പൊ സന്യാസാശ്രമം ഇപ്പൊ സന്യാസാശ്രമത്തിൽ വേണ്ട കർമ്മം എന്തോ അതനുഷ്ഠിക്കുക അതാണ് ഇവിടെ സാമാനുജാചാര്യൻ്റെ നിലപാട് അല്ലാതെ അദ്വൈത ഭാഷകാരും പറയുന്ന പോലെ സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാനനിഷ്ഠ അങ്ങനെയൊന്നുമില്ല ചെയ്യേണ്ട കർമ്മങ്ങൾ എല്ലാവരും ഒരു കർമ്മം ചെയ്യണമെന്ന് പറയുന്നില്ല ഗൃഹസ്ഥൻ്റെ ധർമ്മം സന്യാസി ചെയ്യണമെന്ന് പറയുന്നില്ല അതല്ല ചെയ്യേണ്ടത് പക്ഷേ സന്യാസിക്ക് ചില കർമ്മങ്ങളുണ്ട് അത് സന്യാസി ചെയ്യണം വിക്ഷാടനം സന്യാസിക്ക് ചെയ്യാം പ്രവചനം സന്യാസിക്ക് ചെയ്യാം അതിനൊന്നും ദോഷമില്ല പിന്നെ മറ്റ് അനുഷ്ഠാനം സന്യാസത്തിൽ ചെയ്യേണ്ട അനുഷ്ഠാനവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സന്യാസി ചെയ്യാം അതെല്ലാം അവരുടെ ശാസ്ത്രങ്ങളിൽ പറയും അങ്ങനെ അല്ല ആവശ്യത്ത് കൂടുതൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഈ പരമ്പരയിലെ ആചാര്യന്മാർ അതിന് പ്രമാണമായിട്ട് അവർ ശ്രുതിയും സ്മൃതിയും കൊണ്ടുവരും പ്രമാണം ധാരാളമായിട്ടുണ്ട് പുരാണങ്ങളും പ്രമാണമായിട്ട് വിഷ്ണു പുരാണം കുർമ്മ പുരാണം ഇങ്ങനെയുള്ള പുരാണങ്ങൾ ധാരാളം പ്രമാണങ്ങളായി കൊണ്ടുവരും ശ്രുതിയും പ്രമാണമായിട്ട് അപ്പോൾ പ്രമാണങ്ങൾക്കൊന്നും ഒരു ദാരിദ്ര്യമുണ്ട് പിന്നെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട് ഒന്ന് രണ്ടും ഒന്നുമില്ല അപ്പോൾ അവിടെ സന്യാസത്തെക്കുറിച്ചും സന്യാസ ധർമ്മത്തെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അത് ഉഭയവേദാന്ത രണ്ട് പരമ്പരയിലൂടെയും തമിഴ് പരമ്പരയിലൂടെയും സംസ്കൃത പരമ്പരയിലൂടെയും ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ആൾവാളന്മാരുടെ ഗ്രന്ഥങ്ങളും അല്ലാതെ വേദാന്ത ദേശീയനെ പോരെയുള്ള ആൾക്കാരുടെ ഗ്രന്ഥങ്ങളും ധാരാളമുണ്ട് അതുകൊണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല സ്വധർമ്മം കൊണ്ട് കർമ്മയോഗം ജ്ഞാനം അത് ജീവതത്വജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഇഷ്ടാദ്വീത അദ്വൈതി പറയുന്നത് പോലെ ജീവപര ഐക്യം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല അടക്കത്തില്ല എന്നുള്ളതാണ് ഈശ്വരൻ ബ്രഹ്മം ജീവശരീരിയാണ് ജീവനാകുന്ന ശരീരത്തോടുകൂടി ഇതാണ് ജീവൻ ഈശ്വരൻ്റെ ശരീരമാണ് അജിത്ത് ഈ ചൈതന്യമില്ലാത്ത സർവ്വ വസ്തുക്കളും ഈശ്വരൻ്റെ ശരീരമാണ് അപ്പോൾ ഈശ്വരൻ്റെ ശരീര ശരീരമായി ജീവനറിയണം ഈശ്വരൻ്റെ പ്രത്യേകത എന്താണ് ഈശ്വരൻ പരബ്രഹ്മം അവിടെ അനന്ത കല്യാണ ഗുണങ്ങളോട് കൂടിയ ഈശ്വരനാണ് ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജീവന കർമ്മയോഗവും തത്വജ്ഞാനവും ഭക്തിയും മുക്തിയും എല്ലാം ശ്രദ്ധിക്കുന്നു എല്ലാത്തിനും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായാലേ പറ്റും കൂടാതെ ഒന്നും സാധിക്കത്തില്ല അദ്വൈതത്തിൻ്റെ ഏകദേശം ഇതൊക്കെ ഒരു പരിധിവരെ അംഗീകരിക്കും എന്നാൽ പൂർണ്ണമായും അംഗീകരിക്കത്തില്ല ഈശ്വരൻ അനന്ത കല്യാണ ഗുണങ്ങളോട് കൂടിയ ഗുണവിശിഷ്ടനാണ് ഈശ്വരൻ വിശിഷ്ടമായ ചൈതന്യമാണ് ഈശ്വരൻ പക്ഷേ അതേ ഈശ്വരൻ ഈശ്വരൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നിത്യവിഭൂതിയിലാണ് നിത്യവിഭൂതി എന്ന് പറയുന്നത് ഈശ്വരൻ ഇരിക്കുന്ന സ്ഥാനം വൈകുണ്ഠം അവിടെയാണ് ഇത് ലീലാവിഭൂതി നമ്മളൊക്കെ ജീവിക്കുന്ന സ്ഥലം ഈശ്വരൻ്റെ ലീല ഈശ്വരൻ്റെ വിഭൂതി തന്നെയാണ് മറ്റേ നിത്യവിഭൂതി അതിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല ഈ ജ്ഞാനം എന്ന് പറയുന്നത് കൊണ്ട് അതിനെ അറിയണം ഈശ്വര തത്വത്തെ അറിയണം ജീവതത്വത്തെ അറിയും ഇവിടെ ഈശ്വരൻ അവിടെ ഇരിക്കുക മാത്രമല്ല ഒരു രൂപത്തോടുകൂടി ഈ പ്രപഞ്ചം തന്നെ ഈശ്വരൻ്റെ ശരീരമാണ് ചേതനവും അചേതനവുമായത് എന്നാൽ ഈ ചേതനത്തിനും അചേതനത്തിനും ഈശ്വരൻ അന്തര്യാമിയായിരിക്കും അതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രത്യേകത അന്തര്യാമിത്വം എന്ന് പറയുന്നത് വിശദീകരിക്കുക എന്ന് പറയുന്ന അദ്വൈതത്തെക്കാൾ ഭംഗിയായി വിശദീകരിക്കുന്നത് ഇവിടെയാണ് രാമാനുജാചാര്യർ ഇപ്പം സർവത്തിലും അന്തര്യാമിയായിരിക്കും എന്ന് വെച്ചാൽ നിയാമകനായിരിക്കും അന്തര്യാമിയായിരിക്കുക അല്ല ഗീതിയിലെ ധാരാളം ശ്ലോകങ്ങളുണ്ട് നിങ്ങൾക്കറിയാവുന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല അന്തര്യാമിയായി നിയാമകനായി സർവത്തിൻ്റെ കൂടെ ഇരിക്കുന്നു അതിന് ഏറ്റവും പ്രമാണമായി ധരിക്കുന്നത് ബൃഹധാരണ്യത്തിൽ അന്തര്യാമി ബ്രാഹ്മണൻ തന്നെ അവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ജീവൻ എന്ന് പറയുന്നത് ജീവതത്വം എന്ന് അറിയണം ഇപ്പൊ ദേവദത്തിനെന്ന് പറയുന്നു ദേവദത്തനെന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ദേവതത്തിനെന്ന് പറയുന്നത് ഒന്ന് ശരീരം പിന്നെ ജീവചൈതന്യം ഇതിൻ്റെ ദേവതത്തിനെന്ന് പറയുന്ന ആരെയാണ് തത്വമസീ അന്തൈതങ്ങൾ പറയും തുമ്പെന്ന് പറഞ്ഞാൽ ചൈതന്യമാണ് ശരീരത്തിനൊരു പ്രാധാന്യമില്ല തുമ്മെന്ന് പറയുന്ന ശരീരമാണ് ഇവിടെ പറയുന്ന അങ്ങനെയല്ല ആ ശരീര വിശിഷ്ടമായ ചൈതന്യമാണ് എന്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനെ ഗ്രഹിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളണമെങ്കിൽ അത് വിശിഷ്ടമായതേ പറ്റും അല്ല ഒന്നും നമുക്ക് ബുദ്ധിഗീകരിക്കാൻ പറ്റിയില്ല ഒരു പുഷ്പം അപ്പോൾ പുഷ്പത്തെ നമുക്ക് അതിൻ്റെ വർണ്ണം കൂടാതെ പുഷ്പത്തെ ഗ്രഹിക്കാൻ പറ്റൂ നമുക്ക് കാണാൻ പറ്റും പുഷ്പം എന്ന് പറയുന്ന വർണ്ണ പുഷ്പത്തെ എങ്ങനെ ഗ്രഹിക്കും അല്ല പുഷ്പത്തെ ഗ്രഹിക്കാൻ പറ്റില്ല നിങ്ങൾ നിർവികൽപ്പം ജ്ഞാനമെന്ന് പറഞ്ഞാൽ പോലും അവിടെ എന്താണ് എന്തെങ്കിലും ഒരു വിശേഷണത്തോടുകൂടിയായിരിക്കും എന്നെ ഗ്രഹിക്കുന്നത് അല്ലാതെ വിശേഷണ വിശിഷ്ടമല്ലാത്ത ഒരു വസ്തു ഞാൻ സാധ്യമേല്ല ചൈതന്യത്തെ ഗ്രഹിക്കണമെങ്കിലും ശരീരമാകുന്ന വിശേഷണ വിശിഷ്ടമായ ചൈതന്യത്തെ ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈശ്വരനെ അറിയുമ്പോഴും ജീവനെ അറിയുമ്പോഴും ഈശ്വരനെ അറിയുമ്പോഴും എന്താണ് സർവകല്യാണ ഗുണ വിശിഷ്ടമായ ഈശ്വരനെ അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു അല്ലാതെ അവിടെ പോകണം വേറെ ഇവിടെ വെച്ച് അറിയാനൊരു വഴിയില്ല അല്ലെങ്കിൽ ഇവിടെ അർച്ച അഭ്യൂഹം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അറിയാം അത് നമ്മൾ പിന്നീട് വിശദീകരിക്കും ഈശ്വരൻ അങ്ങനെ രൂപത്തിൽ വരാം ഇപ്പോ തിരുപ്പതിന്റെ ഇരുപ്പുണ്ടല്ലൊരു രൂപം ഈശ്വരൻ തന്നെ അർച്ചാരൂപത്തിലിരിക്കുകയാണ് മറ്റേ വിഗ്രഹ രൂപത്തിയിരിക്കുന്നത് ഈശ്വരൻ തന്നെ ഗുരുവായൂരപ്പനെ ഈശ്വരൻ തന്നെ വിഗ്രഹ രൂപത്തിയിരിക്കുന്നു ആ രൂപത്തിലറിയാൻ പറ്റും അല്ലെങ്കിൽ അവതാര രൂപത്തിലറിയാം രാമൻ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ അവിടെ പോയാലും ശരിക്കറിയത് എവിടെ എങ്ങനെ അറിഞ്ഞാലും ശരിക്കും ഉണ വിശിഷ്ടമായ ഒരു ദ്രവ്യജ്ഞാനം ഉണ്ടാകത്തുള്ളൂ ഇതിനെയൊക്കെ ദ്രവ്യമായിട്ടാണ് പറയുന്നത് മറ്റേ വസ്തു എന്നുള്ള അർത്ഥത്തിൽ താർക്കികമായിട്ട് ദ്രവ്യമല്ല വസ്തുജ്ഞാനം അങ്ങനെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ദേവദത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹിക്കുന്നത് എന്തിനാണ് ശരീരവിശിഷ്ടനായ ആ ചൈതന്യത്തെയാണ് അപ്പം ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചൈതന്യത്തിൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് ശരീരം ശരീരത്തിന് ആധാരമായിരിക്കുന്ന ചൈതന്യം ആണ് ശരീരം ആശ്രയിച്ചിരിക്കുന്ന ശരീരത്തെയാണ് ശരീരം ആശ്രയിച്ചിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് ശരീരത്തിൻ്റെ ആധാരമായിരിക്കുന്ന ചൈതന്യം ഉള്ളൂ ശരീരത്തെ നിയമനം ചെയ്യുന്ന പ്രവർത്തിപ്പിക്കുന്നത് ചെയ്തിനുള്ളൂ എന്തുകൊണ്ട് ഞാൻ കൈ ഉയർത്തുന്നു കൈ താഴ്ത്തന്നു കാലമിഴന്നു താഴ്ത്തന്നു ഞാൻ സംസാരിക്കുന്നു ഇരിക്കുന്നു നിൽക്കുന്നു കിടക്കുന്നു എല്ലാം എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അവിടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം എന്ന് പറയുമ്പോൾ ജീവാത്മാവ് ജീവാത്മാവിന് രണ്ട് രൂപമുണ്ട് ഒന്നെന്താണ് അത് ശരിക്കും അത് അണുരൂപമാണ് അണു എന്ന് വെച്ചാൽ അത്യധികം സൂക്ഷ്മം ശതഭാഗസ് ശത്രുതാ കൽപ്പിത അതിന് ശ്രുതി പ്രമാണമുണ്ട് യേഷ അപ്പോൾ ഇവിടെ ഭക്ഷ്യ രാമാനുജാചാര്യോട് പറയുന്നതിന് ശ്രുതി കൂടുതൽ പ്രമാണമാണ് ശ്രുതിയുടെ എണ്ണത്തിൽ കൂടുതൽ രാമാനുജാചാര്യ പക്ഷത്താണ് അദ്വൈത ഭാഷിക്കാരുടെ പക്ഷത്ത് യുക്തി കൂടുതലാണ് രണ്ട് തമ്മിൽ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി അങ്ങനെയാണ് ധാരാളം ശ്രുതികളുണ്ട് അണുവാണെന്ന് പറയുന്നു പക്ഷേ അണുവിൽ ജ്ഞാനം എന്ന് പറയുന്ന ഒരു ധർമ്മമാണ് ആ ധർമ്മം സങ്കോച വികാസശീലമാണ് അതിന് ഉദാഹരണം പറയുന്നത് മണി രത്നം രത്നം പ്രകാശ സ്വരൂപമാണ് പക്ഷേ ആ രത്നത്തിൽ ഒരു പ്രകാശമാണ് ആ പ്രകാശം എന്ന് പറയുന്നത് സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും എന്തെ അതിന് അത് മാലിന്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നല്ല പ്രകാശമായിരിക്കും അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ പ്രകാശം കുറവായിരിക്കും അപ്പൊ ആ പ്രകാശ സങ്കോച വികാസത്തോടുകൂടി ഇതാണ് അപ്പോ ഈ ജീവൻ്റെ അണുവായിരിക്കുന്ന ഈ ജീവന്റെ മുക്തിയിൽ അത് പൂർണ്ണ പ്രകാശത്തിലായിരിക്കും പൂർണ്ണ വികാസത്തിലായിരിക്കും ആനാ സർവ മാലിന്യങ്ങളും പ്രധാനമായ മാലിന്യം എന്ന് പറയുന്നത് അനാദിയായ കർമ്മം തന്നെ അത് മുഖ്യമായ മാലിന്യം ഈ അദ്വൈതുകൾ പറയുന്ന പോലെയുള്ള അവിദ്യ അതുപോലെയുള്ള മായ അതൊന്നും കൂടെ സ്വീകരിക്കുന്നേയില്ല അതൊക്കെ പരമാബദ്ധമാണ് എന്താണ് പറയുന്നത് അനാദിഭാവരൂപം യത് വിജ്ഞാനേന വിലയതേ അനാദിഭാവരൂപമായിരിക്കുന്ന വിജ്ഞാനം കൊണ്ട് വിലയിക്കുന്ന മായ അങ്ങനെ ഒരു സാധനമേയില്ല അതൊക്കെ അബദ്ധമാണ് പറയുന്നത് പിന്നെ എന്താണോ അത് സത്ത് അസത്ത് എന്നൊന്നും നിർവചിക്കാൻ കഴിയാത്ത ഒരു മായ അങ്ങനെ ഒരു സാധനവുമില്ല അതെല്ലാ ബുദ്ധാണോ ഇവിടെയെങ്കിലും മനസ്സിലാക്കണമോ പിന്നെ മായ എന്ന് പറയുന്ന എന്തിനായി ത്രിണാത്മികയായ പ്രകൃതി അതാണ് നിത്യപരിണാമശാലിയായ പ്രകൃതി പ്രകൃതി നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റ് ഇല്ലാതെ ആ നിത്യ അത് നിത്യമാണ് നിത്യപരിണാമി എന്ന് വെച്ചാൽ ഈ മായ പോലെ അപ്രത്യക്ഷമാകുന്നതൊന്നുമല്ല അനാദിയായി അനന്തമായി നിത്യമായി നിലനിൽക്കുന്ന ഒന്നാണ് ആ പ്രകൃതി ആ പ്രകൃതിയാണ് മായ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ മായയെക്കുറിച്ച് പറയുന്നു അവിടെയെല്ലാം ത്രിഗുണമയി എന്ന് പറയും ത്രിഗുണമയായ പ്രകൃതി എന്ന് പറയുന്നത് പരിണാമിയായ പ്രകൃതി അല്ലാതെ അതങ്ങനെ ഈ പറയുന്ന തരത്തിൽ മായ എന്നിങ്ങനെ പറയാൻ പറ്റും മായ എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് മായ എന്ന് പറഞ്ഞ ഈ അർത്ഥമേ ഉള്ളൂ ദേവി ശേഷ ഗുണമയ ഗുണമയായ മായയാണ് ത്രിണാത്മികയായ മായയാണ് ആ മായ പിന്നെ ഇങ്ങനെയാ ഇന്ദ്രജാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് നശിച്ച പോകുമെന്ന് പറയുന്നത് അപ്പൊ സാങ്ക്യന്മാർ സ്വീകരിക്കുന്ന ആ മായ അതുപോലെ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് എന്ന വ്യത്യാസമുണ്ട് ഇനി ഒരു ഗുണമുണ്ട് സത്വ ഗുണം അത് ഈ ത്രിഗുണാത്മികമായ മായപ്പെടുന്നതല്ല ആ സത്വഗുണം എന്ന് പറയുന്നത് ഇവിടെ ശ്രീമന്ത് നാരായണന്റെ ധാമം അതാണ് ഗിരി പറയുന്ന ധാമം എന്ന് പറയുന്നത് അവിടെയാണ് ഉത്തമ പുരുഷന്റെ ധാമം ഇതെങ്ങനെ അദ്വൈനികൾ എങ്ങനെ വ്യാഖ്യാനിക്കും അന്തര്യമി എങ്ങനെ വ്യാഖ്യാനിക്കും ഇവിടെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല ആ ഉത്തമ പുരുഷന്റെ ധാമം നിർമ്മിച്ചിരിക്കുന്നത് ശുദ്ധ സത്വഗുണം കൊണ്ടാണ് അത് ഈ പ്രകൃതിയുടെ സത്വരജസ്തമഗുണങ്ങൾ ഇപ്പോഴത്തെ സത്വഗുണം കൊണ്ടല്ല അത് വേറെയാണ് അത് നിത്യമാണ് നിത്യമാണെന്ന് മാത്രമല്ല ശുദ്ധ സത്വഗുണമായിക്കൊണ്ട് അത് ജ്ഞാനസ്വരൂപവുമാണ് എന്നാൽ അത് അജവുമാണ് അത് ജഡമല്ല ജഡം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനരഹിതമായ വസ്തുക്കളെയാണ് ജഡം എന്ന് പറയുന്നത് അപ്പോ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആ ശുദ്ധസത്വം അതൊരിക്കലും ജഡം എന്താ അജടം എന്നാ പറയുന്നു എന്നാൽ ചിത്താണോ അല്ല അത് അചിത്വമാണ് വേദാന്ത ദേശികളുടെ തത്വമുക്താകലാപം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് അവിടെ ഇത് ഇഷ്ടാദ്വീതികളുടെ തന്നെ പലപക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറയുന്നതനുസരിച്ച് ഞാൻ പറയും ഓ ചിത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രത്യേകത എന്താണ് ഇപ്പൊ ജീവൻ ചിത്താണ് അണുവാണോ പക്ഷേ നേരത്തെ പറഞ്ഞു എന്താണ് അണുവാണെങ്കിലും എന്ത് പറഞ്ഞു ഞാനോ എൻ്റെ ധർമ്മമാണ് ധർമ്മമാണെന്ന് പറഞ്ഞാൽ സ്വയം അറിയാൻ കഴിയുക ജീവൻ സ്വയം അറിയാൻ കഴിയുന്നുണ്ട് അതെന്തുകൊണ്ടറിയാൻ കഴിയുന്നു അണു എങ്ങനെയാണ് സ്വയം അറിയുന്നത് ജ്ഞാനം എന്ന് പറയുന്ന സങ്കോച വികാസ വികാസശാലിയായ ഒരറിവ് അറിയിരിക്കുന്നതുകൊണ്ടാണ് ഈ അറിവിന് സങ്കോച വികാസമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമേ ഇല്ല എല്ലാവരുടെയും അറിവ് ഒരുപോലെയാണ് ഓരോ മനുഷ്യന്റെ അറിവ് ഒരുപോലെ അല്ലല്ലോ അറിവിന് ഒരുപാട് സവിശേഷതകൾ ഉണ്ടല്ലോ ഈ സവിശേഷതകളൊക്കെ എങ്ങനെ വന്നു അതിന് സങ്കോചവികാസീലമുള്ളത് കൊണ്ടാണ് അനാദിയായിരിക്കുന്ന കർമ്മം അതിന് മാലിന്യത്തെ ഉണ്ടാക്കുന്നു അപ്പോൾ അത് സങ്കോചിക്കുന്നു അതെല്ലാം മാറിക്കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരവുമായിട്ടുള്ള ബന്ധം വിട്ടു കഴിഞ്ഞാൽ അതെപ്പോഴാണ് മുക്തിയിൽ വിരജാനദിയുണ്ട് വൈകുണ്ഠത്തിലേക്ക് കിടക്കുന്നതിന് അത് കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു സൂക്ഷ്മ ശരീരം നശിക്കുന്നു പിന്നെ അവിടെ കിട്ടുന്നത് എന്താണ് ഈശ്വരൻ്റെ സാരൂപ്യം എന്ന് പറഞ്ഞാൽ അതേ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കണ്ടാക്കിയിരിക്കുന്ന ശുദ്ധസത്വം അതേ സത്വം കൊണ്ടുള്ള ഒരു ശരീരമാണ് അവിടെ കിട്ടുന്നത് ചതുർഭുജം തുടങ്ങിയ രൂപങ്ങളും കിട്ടുന്നുണ്ട് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ എന്താണ് ജഗത് വ്യാപാര പറഞ്ഞും ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞാണ് നമ്മൾ ചർച്ച ചെയ്തത് സൃഷ്ടിക്കുള്ള സാമർത്ഥ്യം അത് സൃഷ്ടിക്കുള്ളത് ഒരു പ്രത്യേക ശക്തി വിശേഷം ആ ശക്തി വിശേഷം കയ്യിൽ വരുന്നില്ല ബാക്കി എല്ലാത്തിലും ആനന്ദത്തിലോ ജ്ഞാനത്തിലോ ഒരു കുറവുമില്ല ബ്രഹ്മത്തിന് തുല്യമായ ആനന്ദവും ജ്ഞാനവും തന്നെയാണ് അപ്പോ അതുവരെ ഉള്ള ജ്ഞാനം സങ്കോച വികാസശാലിയായ ജ്ഞാനം ജീവന്റെ രൂപം അങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൂർണ്ണ പ്രാപിച്ച ജ്ഞാനം പൂർണ്ണാനന്ദം ഈശ്വരൻ്റെ അതേ ആനന്ദം ത്തിലാണ് പിന്നെ അവിടെ അവിടെ ഒരു പ്രശ്നം വരും ഈശ്വരൻ്റെ അതേ രൂപം ഈശ്വരൻ്റെ അതേ ജ്ഞാനം ഈശ്വരൻ്റെ അതേ ഗുണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഈശ്വരനെയും ഈ ജീവന്മാരെയും എങ്ങനെ തിരിച്ചറിയുമെന്നുള്ള ഒരു വലിയ പ്രശ്നം ഭക്തന്മാരെ കുഴക്കുന്നുണ്ട് നിങ്ങൾ ധരിക്കേണ്ട ഭക്തന്മാർ കാശ കുഴപ്പമൊന്നുമില്ല എങ്ങനെ അവർ തിരിച്ചറിയുന്നത് ഇവിടെ ഭക്തന്മാരാരും ഇല്ല ഒരു ഭക്തനുമില്ല കഷ്ടമായിപ്പോയി കണ്ടാ തിരിച്ചറിയല്ലേ അവിടെ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ട് തേരാപ്പേരാ നടക്കേ ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഭഗവാനും നടക്കുന്നു അപ്പം ഇവർക്ക് പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഇത് ഭഗവാനാണ് ഇതല്ലാതെ അങ്ങനെ തിരിച്ചറിയും എല്ലാം ഒരേപോലെയാണ് ഫോട്ടോ സ്റ്റാറ്റെടുത്ത പോലെയാണ് ആരുടെ നെഞ്ചിലാണോ ലക്ഷ്മി ഇരിക്കുന്നത് അതാണ് ഭഗവാൻ അങ്ങനെ അത് ചേർന്ന് ലക്ഷ്മിയെ കണ്ടിട്ട് അത് വേറെ ആരുടെയും നെഞ്ചിൽ ലക്ഷ്മി ഇരിക്കത്തില്ല അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ അടുത്ത് പറയുമ്പോൾ ശ്രീയപതി എന്ന് പറയും ശ്രീയില്ല തുടങ്ങുന്നുണ്ട് അപ്പോ വിശിഷ്ടനായിരിക്കുന്ന ജീവനെക്കുറിച്ചാണ് പറഞ്ഞത് ജീവതത്വത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ ജ്ഞാന യോഗം എന്താണെന്നും വിശദീകരിക്കും അപ്പൊ ഈ ജീവതത്വം എന്ന് പറയുന്നത് അവിടെ ചെലുമ്പോൾ വേറെയായി ഇവിടെ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ ദേവതത്തിനെന്ന് പറഞ്ഞാൽ കേവല ശരീരമെല്ലാം കേവലം ചൈതന്യമെല്ലാം മറിച്ച് ശരീരവിശിഷ്ടനായ ചൈതന്യമാണ് അങ്ങനെ കഴിയൂ അങ്ങനെ ഒന്നിനെ അറിയാൻ പറ്റൂ ഗുണവിശിഷ്ടമല്ലാതെ വസ്തു ഞാൻ ഉണ്ടാകത്തില്ല ഇപ്പോ നിർഗുണമായ ഒന്നിനെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും ഗ്രഹിക്കാനേ പറ്റത്തില്ല നിർബാധികമായി ഒന്നിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല എവിടെയായാലും ശരി ഇതാണ് രാമാനുജാചാര്യരുടെ ഒരു പ്രബലമായ ഭാഗം ഇതാണ് ശങ്കരാചാര്യ ഖണ്ഡിക്കുന്നത് നമ്മൾ പറയുന്ന നിർഗുണ ബ്രഹ്മജ്ഞാനം അതെങ്ങനെ സാധ്യമാകുന്ന ബുദ്ധിക്ക് അതെങ്ങനെ സാധ്യമാണ് സാധ്യമാകുന്ന കാര്യങ്ങൾ എന്താ പറയുന്നത് യഥോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സഹ എന്നൊക്കെ പറയുന്നു അപ്പൊ അതിന് അർത്ഥം അവർ ധരിക്കും പോലെയല്ല അത് നിർഗുണമായതുകൊണ്ടല്ല നമുക്ക് ബ്രഹ്മത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മനസ്സ് നമ്മുടെ ഈ ബുദ്ധിയും കൊണ്ടൊന്നും അറിയാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും വൈകുണ്ടത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ ശ്രീമൻ നാരായണൻ തന്നെ ഈ ചെല്ലുന്ന ആളിനെ അവസാനം സ്വീകരിക്കും ആദ്യം അങ്ങോട്ട് ഈ നദി കടന്നു കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കാൻ വരുന്നത് നിത്യസൂരികൾ ആത്മാക്കൾ എങ്ങനെയൊക്കെയാണ് ഒന്ന് നാരായണൻ മറ്റൊന്ന് നിത്യമുക്തന്മാര് വേറൊന്ന് ബദ്ധന്മാരായിട്ട് മുക്തന്മാരാകുന്നത് മറ്റൊന്ന് ബദ്ധന്മാര് ഇത്തരത്തിലാണ് ഇങ്ങനെയാണ് ഒന്ന് ശ്രീമന് നാരായണൻ പിന്നെ നിത്യമുക്തന്മാര് രണ്ട് ബദ്ധന്മാരായിട്ട് അത് തന്നെ നിത്യസൂര്യകളും പോയി നിത്യമുക്തന്മാർ ബദ്ധന്മാരായിരിക്കും മുക്തന്മാരാവുന്ന മൂന്നാമതോര് പിന്നെ നാലാമത്തത് ഇവിടെ കിടക്കണം നമ്മളെ പോലെയുള്ളവരുണ്ട് ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് ജീവൻ മുക്തി എന്നൊക്കെ തട്ടിപ്പാണ് അങ്ങനെ ഒരു കാര്യമേ നടക്കത്തില്ല മുക്തി വേണം ഗന്ധി വേണം അവിടെ പോയാലേ പറ്റും അല്ലാതെ മുക്തി എന്ന് പറയുന്നത് കാരണം ഇവരിൽ പറയുന്ന മായ അത് ഇല്ലാത്തതാണ് പറയുന്നത് ഇവർ അജ്ഞാനം അത് ഇല്ലാത്തതാണ് ഇവർ പറയുന്ന നിർവികൽപ്പമായ ആത്മാവ് അതും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് പിന്നെ ഇങ്ങനെയാ ഇവിടെ മുക്തി ജീവിച്ചിരിക്കുമ്പോൾ മുക്തി എന്ന് പറയുന്നതിന് എന്താ അർത്ഥം യാതൊരർത്ഥം യാതൊരർത്ഥവുമല്ല പിന്നെ വേണമെങ്കിൽ പറയാൻ എന്താണ് വിവേക വൈരാഗ്യങ്ങളെ കൊണ്ട് ഒരാളിങ്ങനെ സംസാരത്തിൽ വീണുപോകാതെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ല അദ്വൈതകൾ പറയുന്നത് പോലെ ഒരു ജീവൻ മുക്തി എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ് അത് മരണശേഷമേ ഉള്ളൂ അത് അങ്ങനെ എങ്കിൽ നിങ്ങൾക്ക് മുക്തി നിർബന്ധമാണെങ്കിൽ പ്രപത്തി സ്വീകരിച്ചാൽ മതി ഇതുവരെ എന്തുകൊണ്ട് നമ്മളാരും മുക്തന്മാരല്ലാതെ ഇവിടെ കഴിയുന്നു പ്രപത്തിയെ സ്വീകരിക്കാത്തതുകൊണ്ട് പ്രപത്തി കഴിഞ്ഞ ദിവസം വന്നും താപ പുണ്ട പിന്നെ എന്താണ് ആ തപം ഒന്നും താപവൊന്നുമുണ്ട് രണ്ടു തരത്തിലുള്ള അഹിർബുദ്ധി സംഹിത അതിനകത്ത് താപമെന്നാണ് വേറെ ചില ദിവസങ്ങൾ തപൊന്നും രണ്ടുമൊന്ന് തന്നെ താപം പുണ്ട്രം നാമം അത് രഹസ് ദാസനും തുടങ്ങി നാമം പിന്നെ മന്ത്രം മന്ത്രത്തിൽ മൂന്ന് കാര്യമുണ്ട് ഞാൻ ഒന്ന് രഹസ്യം പിന്നെ ദ്വയം പിന്നെ ചരമമന്ത്രം അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സർവധർമാൻ തരിപ്പിച്ച് പൂജ പൂജ അപ്പൊ ഇത് വിധി പ്രകാരം സമ്പ്രദായത്തിൽ നിന്നൊരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ് പ്രപത്തി സ്വീകരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു അവൻ മുക്തനാകുന്നു അവൻ മരിച്ചു കഴിഞ്ഞാൽ മുക്തനായി അതിന് പിന്നെ അത് ഇദ്ദേഹം ആരാണ് വേദാന്ത ദേശികൻ അദ്ദേഹം പറയുന്നത് ഈ പ്രപൃത്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലോ മുക്തനാകുമോ അങ്ങനെ ഒരു ചോദ്യം വരുന്നു അപ്പോൾ പറയുന്നു പ്രപൃത്തി സ്വീകരിച്ചവൻ്റെ ദോഷങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പ്രവൃത്തി സ്വീകരിച്ചവൻ അവൻ മുക്തനായിരിക്കും എന്തുകൊണ്ട് ഭഗവാൻ പരമകാർണികനാണ് പരമകാർണികനായതുകൊണ്ട് ആ പ്രവൃത്തി സ്വീകരിച്ചതിൻ്റെ പേരിൽ തന്നെ അവൻ മുക്തി കിട്ടും പിന്നെ അവൻ ദുഷ്ടനാണോ സിഷ്ടനാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ചിന്തയുടെ പ്രസക്തിയല്ല ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഈ ഒരു നിലപാട് വെച്ചുകൊണ്ട് പിൽക്കാലത്ത് പലരും അഭിപ്രായം പറഞ്ഞു ഈ വിഷ്ടാദ്വൈതത്തിൻ്റെ ഈ നിലപാട് ക്രിസ്തു മതത്തിൽ നിന്ന് കടമെടുത്താണ് കാരണം ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ നിലപാടുണ്ട് അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞു രക്ഷ പ്രാപിച്ചു ബന്ധക്കോസ്തുകൾക്ക് ഏതാ പറയും കർത്താവിൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ മതി നിന്നാണ് ഇവർക്ക് ഈ ആശയം കിട്ടിയെന്നാണ് പക്ഷേ ആ പറയുന്നതിന് തെളിവൊന്നുമില്ല അങ്ങനെ ക്രിസ്ത്യാനികൾ പറയുന്നതാണ് കാരണം രണ്ടിനും ഈ സമാനതയുണ്ട് അവരും പറയുന്നതാണ് നമ്മൾ ഞാൻ അസ്ലാനം കഴിഞ്ഞോ കർത്താവ് രക്ഷ പ്രാപിച്ചു അതിന് തുല്യമാണ് ശരണാഗതി ഈ പറയുന്ന പ്രവൃത്തി അപ്പോൾ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ മുക്തി ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് എന്തുകൊണ്ടിവിടെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു പ്രവൃത്തി സ്വീകരിക്കാത്തുള്ളൂ പ്രവൃത്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ മുക്തനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന പോലെയാണ് പിന്നെ വ്യത്യാസം ഇത്രയുള്ളൂ ക്രിസ്ത്യാനിതെ സംബന്ധിച്ചിടത്തോളം ആന പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല അവർ പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല ഇവിടെയാണെങ്കിൽ പുനർജന്മമുണ്ട് അങ്ങനെ ഒരു തടസ്സമേ അപ്പോൾ പുനർജന്മം എന്താ പിന്നെ ജനിക്കുന്നില്ല അത്ര വൈകുണ്ടത്തിലെത്തിച്ചേരും അങ്ങനെ ഒരു വിമർശനവും അതിന് മറുപടിയും പറയുന്നുണ്ട് കാരണം അതിന് അങ്ങനെ ഏതെങ്കിലും ഒരു സ്വാധീനം ഈ സമ്പ്രദായത്തിൽ വന്നു എന്നുള്ളതും ഒരു തെളിവുമില്ല ആ ക്രിസ്മത കൂടെ വന്നതിന് ശേഷം തന്നെയാണ് ഇതിന് പ്രചാരം വന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അങ്ങനെ അതിൻ്റെ ഏതെങ്കിലും സ്വാധീനം വരാൻ വഴിയില്ല ധാരാളം പ്രമാണങ്ങളും ആചാര്യന്മാരും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ജീവസ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള ശരീരവിശിഷ്ടനായിരിക്കുന്നവനാണ് ജീവൻ നിർഗുണ ജീവൻ ആ ജീവൻ എന്താണ് എന്റെ നിയാമകനായി അന്തരിയാമി ആ ജീവനിൽ തന്നെ വസിക്കും അത് ജീവനിലും ചിത്തിനും അചിത്തിനും വസിക്കും സർവത്രയാണ് ഇനി ഈശ്വരനാണെങ്കിലോ ഈശ്വരൻ ചിത് അചിത് വിശിഷ്ടനാണ് അതായത് അചിത്ത ഈ പ്രപഞ്ച വിശിഷ്ടനാണ് ഈശ്വരൻ ഈശ്വരന്റെ ശരീരം ആണ് പ്രപഞ്ചം എന്ന് പറയുമ്പോ ഈ പ്രപഞ്ചം ഈശ്വരൻ തന്നെ എന്ന് തന്നെ പറയുന്നു എന്ന് മാത്രമല്ല പശു പക്ഷി ജീവൻ പൃഥിവി അപ്പ് തേജസ് എല്ലാ ശബ്ദങ്ങളും ഈശ്വരവാചമാണ് അതുകൊണ്ട് തന്നെ എന്നാണ് ഈ വരുന്നു എല്ലാ ശബ്ദങ്ങളും പറയുന്ന ഈശ്വരനെ തന്നെ എന്തുകൊണ്ട് ഈ ജീവൻ എന്ന് പറയുന്നത് ശരീരവിഷ്ട ചേതനാണ് ആ ചൈതന്യ വിശിഷ്ടനാണ് ഈശ്വരൻ ചിദ്വിശിഷ്ടനാണ് ചൈതന്യ ശരീരവിശിഷ്ടമാണ് ജീവചൈതന്യം അണുവായിരിക്കുന്ന ജീവിതത്തിൽ ആ ചൈതന്യ വിശിഷ്ടമാണ് ഈശ്വരൻ ആ രീതിയിൽ ജീവൻ എന്ന് പറഞ്ഞാലും അത് ഈശ്വരൻ്റെ പാചകമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാലും ഈശ്വരൻ്റെ പാചകമാണ് അതുകൊണ്ട് തത്തുമസി എന്ന് പറയുന്നിടത്ത് അദ്വൈതികൾ സമാനാധികത്തെ സ്വീകരിക്കുന്നു അദ്വൈതികൾ എന്താ പറയുന്നത് തത്ത് രണ്ടുരർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് പറയുന്നു ഇവിടെ വിഷ്ടാദ്വൈതി പറയുന്നു രണ്ടു ഒരർത്ഥത്തെ തന്നെ ബോധിപ്പിക്കുന്നത് അത് അദ്വൈതി പറയുന്നതെന്നും കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നു വിഷ്ടാദ്വൈതി അങ്ങനെ പറയുന്നു തത്ത് എന്ന് പറഞ്ഞാൽ അനന്ത കല്യാണ ഗുണ വിശിഷ്ടനായ ഈശ്വരൻ അതാണ് തത്ത് പ്രപഞ്ച വിശിഷ്ടനായ ഈശ്വരൻ തത്ത് തൊമ്മന്ന് പറഞ്ഞാലോ ശരീര വിശിഷ്ടനായ ചൈതന്യം ആ ചൈതന്യം എന്താണ് ഈശ്വര ശരീരമാണ് അപ്പൊ ചൈതന്യ വിശിഷ്ടനായ ഈശ്വരൻ അപ്പൊ തൊമ്മന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ തത്തെന്ന് പറഞ്ഞാലും ഈശ്വരൻ തന്നെ എന്താ പ്രശ്നം രണ്ട് സമാനാധികമുണ്ട് തൊമ്പദവും ഈശ്വരനെയാണ് ബോധിപ്പിക്കുന്നത് തത്പദവും ഈശ്വരനെ തന്നെ പിന്നെ അധ്വതി പറയുന്ന പോലെ ഒരു നിർഗുണനായ ഈശ്വരൻ അതിന് യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മിഷ്ടധ്വനി പറയുന്നതിന് ശ്രുതി പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതൊക്കെ അന്തര്യാമിയും ബ്രാഹ്മണവും മറ്റു ഇതിന് പ്രമാണമാണ് അത് അദ്വൈതപരമായി വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു വ്യാഖ്യാനിക്കുന്നു ആനേക്കാൾ കുറച്ചുകൂടി സൗകര്യം രാമാനുജാചാര്യർ പറയുന്നത് താൻ പറയുന്ന രീതി വ്യാഖ്യാനിക്കുന്ന ഒന്നാണ് അപ്പോ ഇത്രയുള്ള വ്യത്യാസം ഇത് കുറേയൊക്കെ കാര്യങ്ങൾ ഭാഗ്യമായി അദ്വൈതങ്ങൾ സ്വീകരിക്കും ീശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് തത്വജ്ഞാനം ഉണ്ടാകുന്നതെന്ന് പറയുന്നു ഇവിടെയും അത് സമ്മതിക്കുന്നുണ്ട് അദ്വൈതങ്ങൾ സമ്മതിക്കും ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഭക്തി ഉണ്ടാകുന്നതെന്ന് പറയുന്നു അതും അംഗീകരിക്കും മുക്തിക്കും ഈശ്വരാനുഗ്രഹം വേണമെന്ന് പറയുന്നു രണ്ടു കൂട്ടർ രണ്ടു കൂട്ടർ പതിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല ഇനി എന്തിനാണ് ഈശ്വരൻ്റെ പോലും പറയുന്നത് എന്താണോ ഗീതയിൽ തുടങ്ങുമ്പോൾ എന്താ പറയുന്നത് ജ്ഞാനബല ഐശ്വര്യ ശക്തി തേജോ വിശിഷ്ട ഈശ്വരൻ എന്നാ പറയുന്നു ആ ഈശ്വരൻ വൈഷ്ണവിയും മായ വൈഷ്ണവിയായ മായ ആശ്രയിച്ചിട്ടാണ് അവതരിച്ചത് അവതാരയാ മാസം നമ്മുടെ ഗീതയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇത് തന്നെയാണ് രാമാനുജാചാര്യനും പറയുന്നത് ജ്ഞാന ബല ശക്തി ഐശ്വര്യ വിശിഷ്ടനാണ് ഈശ്വരൻ എന്നാ പറയുന്നത് മായ വൈഷ്ണവിയാണ് അതും പറയുന്നുണ്ട് മായ എന്ന് പറയുന്ന പ്രകൃതിയാണ് അത് വിഷ്ണുവിന് അധീനമാണ് അതിൻ്റെ എല്ലാം സർവവും വിഷ്ണുവിന് അധീനമാണ് അതിൻ്റെ നിയാമകൻ വിഷ്ണുവാണ് അപ്പം ഇതും ഭാഷകാരൻ അംഗീകരിക്കുന്നുണ്ട് പിന്നെ ഭാഷകാരൻ പറയുന്ന എന്താണ് അദ്വൈത ഭാഷകാരൻ ഇതിനപ്പുറം നിർഗുണമായൊരു തത്വം ഉണ്ടെന്നാണ് അപ്പോൾ പറയും നിർഗുണമല്ല സൗണമാണ് തത്വം പരബ്രഹ്മ സൗണമാണ് അതിന് പ്രത്യേക ഒരു സ്ഥാനമുണ്ട് നമ്മുടെ എന്താണ് സാത്വികമായ കേവല സത്വ പ്രകൃതിയാണ് അവിടുത്തെ ഈ ലീലാ വിഭൂതിയിലെ പ്രകൃതിയല്ല ഇവിടുത്തെ പ്രകൃതിയല്ല അത് നിത്യവിഭൂതി വേറെയാണ് അതാണ് ഇവിടുത്തെ അപ്പോ ഇതിനൊക്കെ നിങ്ങളെങ്ങനെ സമർത്ഥിക്കും പറയുന്നു അതിനാണല്ലോ ബ്രഹ്മസൂത്രത്തിന് വന്നത് ബ്രഹ്മസൂത്രം അവസാനിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ മറ്റൊരു ലോകം അദ്വൈതിക്ക് എല്ലാം യുക്തി കൊണ്ട് സമ്മർദ്ദിക്കാൻ പറ്റിയില്ല ഹിരണ്യഗർബനെ എങ്ങനെ യുക്തി കൊണ്ട് സമർത്ഥിക്കും പ്രമാണത്തെ ആശ്രയിച്ചേ പറ്റൂ അങ്ങനെ ഒരു ലോകമുണ്ടെന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പരസ്യാന്തേ കൃതാത്മാനഹ പ്രവിശന്ധി പരമ്പ ബ്രഹ്മണാസകത്തെ സർവേ സംഭ്രാപ് പ്രതിസഞ്ചരി ഇതൊക്കെ പ്രമാണം കൊണ്ടല്ലാതെ എങ്ങനെയാ പറയുന്നു പ്രമാണം കൊണ്ടാണ് പറയുന്നത് അപ്പം നിർഗുണമായ ഒരു ബ്രഹ്മത്തെ അംഗീകരിച്ചാലും അദ്വൈതിക്ക് എന്ത് വേണ്ടി വരും പ്രമാണത്തെ ആശ്രയിച്ചിട്ട് ഒരു സഗുണം ബ്രഹ്മത്തെ സ്വീകരിക്കേണ്ടി വരും ഹിരണ്ണി ഗർഭന സ്വീകരിക്കേണ്ടി വരും ആ ലോകത്തെ സ്വീകരിക്കണം ഉപാസകന്മാർ അവിടെ എത്തിച്ചേരുമെന്ന് പറയേണ്ടി വരും അവിടെ മോക്ഷമെന്ന് പറയേണ്ടി വരും ഇത്രയും പടിയും പറയുന്നുണ്ട് ഇത് കൂട്ടിലൊന്നും പറയുന്നില്ല അപ്പൊ പ്രമാണം കൊണ്ട് നിങ്ങൾക്കൊരു ഹിരണ്ണികർഭന സ്വീകരിക്കാമെങ്കിൽ പ്രമാണങ്ങൾ കൊണ്ട് തന്നെ വൈകുണ്ഠത്തെ സ്വീകരിക്കാം അതിൽ അതിനൊന്നും വ്യാഖ്യാനിച്ചാൽ മതി അപ്പോൾ അദ്വൈത എല്ലാം അദ്വൈത സിദ്ധാന്തം യുക്തി കൊണ്ടാണ് എന്ന് പറയുന്നവർ ഒരു വിഭ്രാന്തിയിലാണ് അവർക്ക് അദ്വൈത ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ് അദ്വൈതത്തിലെ പ്രധാനമായ പല കാര്യങ്ങളും ഇപ്പം നിർഗുണമായ ബ്രഹ്മത്തെ എന്ത് യുക്തി കൊണ്ട് സ്വീകരിക്കും മനസ്സും വാക്കും എത്താത്ത ഒരു തത്വം എന്ന് പറയുന്നു ഇങ്ങനെ ഒരു തത്വത്തെ അംഗീകരിക്കുന്നതിന് അദ്വൈതിയുടെ ഇതിൽ എന്ത് യുക്തിയാളുള്ളത് മനസ്സിൽ എത്താത്തൊരു എങ്ങനെയാണ് യുക്തി പ്രയോഗിക്കുന്നത് അപ്പം നിർഗുണം നിഷ്ക്രിയം എന്നൊക്കെയുള്ള ചില വാക്യങ്ങളെ എടുത്തുകൊണ്ടാണ് അദ്വൈതി പറയുന്നത് നിർഗുണമായ നിഷ്ക്രിയമായ ഒരു ബ്രഹ്മമുണ്ടെന്ന് അതിനപ്പുറം എന്താ ഉള്ളത് ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നതല്ലേ ആർക്കെങ്കിലും അങ്ങനെ ഒന്നിനാൽ അറിയാൻ പറ്റുമോ തെളിയിക്കാൻ പറ്റുമോ എന്തെങ്കിലും സാധ്യത നിരുപാധികമായ ബ്രഹ്മം എന്താ അത് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും ഉപാധികളോടുകൂടിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിരുപാധികമായ ഒരു തത്വത്തെ ഒരിക്കലും എന്താണ് ഗ്രഹിക്കാനേ പറ്റത്തില്ല പിന്നെ ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ട് അങ്ങനെ ഒരു തത്വം ഉണ്ടെന്ന് സിദ്ധാന്തിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മഹാനാരായണ പുരുഷത്ത് പോലെയുള്ള എന്താണ് ശ്രുതിയും വേണ്ടതിൽ കൂടുതൽ പുരാണങ്ങളുമുണ്ട് അതിലെല്ലാം പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരു പരം ധാമെക്കുറിച്ച് പറയുകയാണ് അവർ പരവുമായൊരു ധാമം പിന്നെ എന്താ പ്രമാണമുണ്ടല്ലോ അപ്പൊ ഇതിനെ അംഗീകരിക്കുന്നു അത് പറയുന്ന യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റില്ലെന്നാണ് അദ്വൈതികൾക്ക് ഒരുപാട് കാര്യങ്ങൾ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റില്ല അതുപോലെ എന്താണ് കേവലം വിശ്വാസമാണ് നിരുപാധിക തത്വം എന്ന് പറയുന്നത് എങ്ങനെ തെളിയിക്കാൻ പറ്റും ഇവിടെ ഏതെങ്കിലും അദ്വൈതികളുണ്ടോ ഇത് നിരുപാധിക തത്വത്തെ യുക്തി കൊണ്ട് സമർപ്പിക്കാം ഏതെങ്കിലും അദ്വൈതി ജീവിച്ചിരിപ്പുണ്ടോ ആരുമില്ല അതൊരു വിശ്വാസം മാത്രമാണ് അങ്ങനെ ഒരു തത്വം ഉണ്ടെന്ന് അംഗീകരിക്കുന്നു നമ്മളറിയുന്നതും ചിന്തിക്കുന്നതും യുക്തി പ്രയോഗിക്കുന്നതും എല്ലാം എവിടെയാണ് സ്വാഭാവികമായ തരത്തിലാണ് അതുപോലെ പ്രമാണം കൊണ്ട് എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു നിത്യവിഭൂതിയെ സ്വീകരിക്കുന്നു അപ്പൊ ഇത് രണ്ടും വരുന്ന വ്യത്യാസം ഇത് ഏതാണ് കൂടിയത് ഏതാണ് പറഞ്ഞതെന്ന് അങ്ങനെ പറയും ശാസ്ത്ര പ്രമാണം അനുസരിച്ച് പറയാൻ പറ്റൂല യുക്തി അനുസരിച്ചും പറയാൻ പറ്റൂല രണ്ട് രീതിയിലും പറയാൻ പറ്റില്ല പറയാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയും പിന്നെ പുറത്തിറങ്ങി പറഞ്ഞു കിടക്കരുത് മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരിക്കലും അറിയാൻ കഴിയാത്ത പറയാൻ കഴിയാത്ത ഒരു തത്വം ഉണ്ടെന്ന് ചിന്തിക്കുക പറയുക ഇതിനും വലിയൊരു വൈരുദ്ധ്യമുണ്ടോ പറയാ ഒരേ ഒരു വഴിയുള്ള എന്താണ് ഇത് ശ്രുതേഹേ ഒരു ചോദ്യം വരുമ്പോൾ നിർഗുണൻ നിരാകാരൻ നിഷ്ക്രിയൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ അത് നിങ്ങളെങ്ങനെ യോജിപ്പിക്കും വളരെ ഈസിയാണ് കാരണം ഈ ഗുണമെന്ന് പറയുന്നത് കൂടുതലും നമുക്ക് വരുകയുള്ളൂ വേണ്ടാത്ത ഗുണങ്ങളാണ് നല്ല ഗുണങ്ങൾ മനുഷ്യർ കാണാറുണ്ട് വളരെ അപൂർവേ കാണാറുള്ളൂ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇരിക്കുന്ന കൂടുതലും എന്താണ് വേണ്ടാത്ത ഗുണങ്ങളാണ് നമ്മളെപ്പോഴും അത് പ്രയോഗിക്കുന്നതും മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നതും ഒക്കെ എന്താണ് വേണ്ടാത്ത ഗുണങ്ങളാണ് അപ്പോൾ ഈ വേണ്ടാത്ത ഗുണങ്ങളില്ലാത്ത ആളാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത് നിർഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേണ്ടാത്ത ഗുണങ്ങളില്ല ഹേയ ഗുണങ്ങളൊന്നുമില്ല അതാ പറയുന്നു അതെന്താ ദോഷം എന്ന് വിചാരിച്ച് നല്ല ഗുണമില്ലെന്ന് പറയാൻ പറ്റും നിങ്ങൾ തിന്മയെ നിഷേധിക്കുന്നിടത്ത് നന്മയിൽ കൂടെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്മ ഇവിടെ നിൽക്കും നന്മയ്ക്ക് ആധാരമുണ്ട് അപ്പം നിർഗുണം നിഷ്ക്രിയം എന്ന് പറയുന്നു ക്രിയ പ്രവൃത്തി നമ്മളെല്ലാം നല്ല പ്രവൃത്തിയായിരുന്നു നല്ലല്ലോ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുന്നില്ല ഇതൊന്നും ചെയ്യാത്ത ആളാണോ ക്രിയയില്ലെന്നല്ല അതിനർത്ഥം അപ്പോ അതാണ് ഈശ്വരൻ അവിടെ എന്തുണ്ട് ഇതെല്ലാം ഉണ്ട് എല്ലാം നല്ലതെല്ലാം ഉണ്ട് അതിനിപ്പം വിശദീകരിക്കും മനസ്സ് നിറയുന്നതോ നിറയുന്നത് കാര്യത്തിലാരും പ്രയാസപ്പെടുന്നു അപ്പൊ ഇതൊക്കെ ഉള്ളതാണ് ഈശ്വരൻ എന്ന് പറയും അപ്പോ പ്രമാണം കൊണ്ട് നിത്യ വിഭൂതിയെ സ്വീകരിക്കാം നിങ്ങൾ പ്രമാണം കൊണ്ട് നിർഗുണത്തെ സ്വീകരിക്കുന്ന പക്ഷേ ആ നിർഗുണത്തെ നിങ്ങൾക്ക് ഈ പ്രമാണത്തിലൂടെ അല്ലാതെ പ്രമാണത്തെ വ്യാഖ്യാനിച്ചല്ല നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ പറയുന്ന നിരുപാധികം ബ്രഹ്മത്തെ സമർത്ഥിക്കാൻ പറ്റില്ല പിന്നെ ഇതൊന്നും അറിയാൻ വയ്യാത്ത പൊട്ടന്മാർ അദ്വൈതികളുണ്ടല്ലോ അവരാണ് ഈ ആൾക്കാരുടെ ഇരുന്നുകൊണ്ട് എന്താണ് യുക്തിയിലൂടെയൊക്കെ അദ്വൈതം പഠിപ്പിക്കുന്നത് ബോധശൂന്യന്മാരായ മുറി വിദ്വാന്മാരെ അപ്പോ പ്രമാണ വിചാരം ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അങ്ങനെ അദ്വൈതത്തെ ബോധിപ്പിക്കാൻ പറ്റില്ല പിന്നെ അദ്വൈതം ചിലരിങ്ങനെ സ്വപ്നം എന്ന് പറഞ്ഞു കൊണ്ടു കിടക്കുന്നു സ്വപ്നം പോലെ അവർ സ്വപ്ന അവർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും എന്താണ് സ്വപ്ന ജീവിയിലൊരു അദ്വൈതം കൊണ്ട് നടക്കുന്നു അപ്പൊ സ്വപ്ന നമ്മൾ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് ഇല്ല ഇവിടെ എന്താണ് പറയുന്നത് ആചാര്യൻ ഇതൊക്കെ സത്യമാണ് അസത്യമായിട്ടൊന്നുമില്ല ഈശ്വരൻ സത്യമാണ് ഈശ്വരൻ്റെ ഗുണങ്ങൾ സത്യമാണ് ജീവൻ സത്യമാണ് ജീവൻ്റെ ഗുണങ്ങളെല്ലാം സത്യമാണ് ജീവൻ്റെ ഗുണം എന്ന് വെച്ചാൽ ജ്ഞാനം ഇതെല്ലാം സത്യമാണ് ഇതിനൊക്കെ എന്താ സംഭവിക്കുന്നത് അത് പരിണാമം സംഭവിക്കുന്നു അത്രയേ ഉള്ളൂ സത്യമാണെങ്കിൽ ശരീരം സത്യമാണോ പരിണാമം സംഭവിക്കുക അത് അംഗീകരിച്ചല്ലോ പരിണാമം സംഭവിക്കുന്നില്ല എന്നല്ല പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിത്യ സത്യമാണ് ഇതെല്ലാം ഈശ്വരൻ്റെ പരിണാമം ഒന്ന് സംഭവിക്കുക അവിടുത്തെ കാലത്തിന് പോലും അവിടെ കാലമുണ്ടവിടെ വൈകുണ്ഠത്തിൽ കാലമുണ്ട് ആ കാലം പോന് എന്താണ് ഈശ്വരന് അധീനമാണ് അപ്പോൾ ത്രിഗുണമയമല്ലാത്ത ഒരു പദാർത്ഥം കാലമാണ് അതുകൊണ്ട് തന്നെ അതിന് ഈ അജടമെന്ന് പറയും ചിരടത്തിൽ ജടമൊന്നും പറയുന്നുണ്ട് രണ്ടു തരത്തിൽ കണ്ടു അന്ത് ആയിക്കോളൂടെ തർക്കത്തിലേക്ക് പോകുന്നില്ല കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെ സർവവും കാലാധീനം ജഗത്സർവം ഇവിടെ സർവവസ്തുക്കളും എന്താണ് കാലാധീനമാണ് പക്ഷേ അവിടെ അങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാലം അവിടെ ഉണ്ട് എന്തുകൊണ്ട് കാലമുണ്ടെന്ന് പറയുന്നു കാരണം നിത്യം എന്ന് പറയുന്നു നിത്യത എന്ന് എന്താണ് കാലത്തെ ആശ്രയിച്ച് നമുക്ക് നിത്യത്തെക്കുറിച്ച് സങ്കൽപ്പിക്കാൻ പറ്റും അതുകൊണ്ട് കാലം അവിടെയുണ്ട് പക്ഷേ കാലം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അത് ത്രിഗുണമയമല്ല കാലം ത്രിഗുണമായ കാലം അത് സ്വതന്ത്രമായ ഒരു പദാർത്ഥമാണ് അത് വിഭുവാണ് സർവത്രയുണ്ട് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ആ കാലം സെർവരെയും അതിനധീനമാക്കുന്നു അവിടെ അങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള സവിശേഷതകളുണ്ട് ആ രീതിയിലാണ് ഇവിടെ ഈശ്വര തത്വത്തെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ജീവതത്വത്തെ മനസ്സിലാക്കേണ്ടത് ഇതാണ് അപ്പോ ജീവതത്വത്തെ മനസ്സിലാക്കുമ്പോൾ ശരീരവിശിഷ്ടമായ ചൈതന്യ വിശിഷ്ടനായ ഈശ്വരൻ അതിനെയാണ് തുമ നീ എന്ന് പറഞ്ഞത് തത്തെന്ന് പറയുന്നതോ ഗുണവിശിഷ്ടനായ ഈശ്വരൻ രണ്ടുമൂന്ന് അതുകൊണ്ട് സർവശബ്ദങ്ങളും പട്ടിയെന്നോ പൂച്ചയെന്നോ പല്ലിയെന്നോ എന്ത് പറഞ്ഞാലും എന്താണ് അതെല്ലാം ഈശ്വരവാചകമാണ് എന്തുകൊണ്ട് ഈ ജഗത്ത് എന്ന് പറയുന്നത് ജഗത്ത് രൂപത്തിലിരിക്കുന്ന ഈശ്വരനാണ് എന്ന് പറയുന്നത് ജഗത് രൂപത്തിലിരിക്കുന്ന ഈശ്വരനാണെന്ന് പറയുന്നത് ഏറ്റവും യോജിക്കുന്നത് ഇവിടെയാണ് രാമാനുജ സിദ്ധാന്തത്തിലാണ് അദ്വൈതത്തിലല്ല അദ്വൈതത്തിൽ പറയുന്ന എന്താണ് അധിഷ്ഠാനമായ സത്ത ഈ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നു ഇത്രയേ ഉള്ളൂ ഇത് ജഗത്ത് സത്താണെന്ന് അത് ഈശ്വരൻ എന്ന് പറയത്തില്ല സത്തെന്ന് പറയുന്നു അധിഷ്ഠാന സത്ത ഇനി അനുഭവപ്പെടുന്നു ആ രൂപത്തിലല്ല ഇത് ശരിക്കും ഈശ്വരൻ തന്നെയാണ് എന്നുള്ള അല്ലാതെ അധിഷ്ഠാന സത്ത അനുഭവപ്പെടുന്നതാണ് ഇത് ഈശ്വര ശരീരമാണ് അപ്പോൾ ഈശ്വരൻ എങ്ങനെയാണോ നിത്യമായിരിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചവും ജീവനുമെല്ലാം നിത്യമാണ് ഇതാണ് ഇവിടുത്തെ തത്വജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ കർമ്മയോഗം കൊണ്ടും തത്വജ്ഞാനം കൊണ്ടും പിന്നെ എന്താണ് പറയുന്നത് വൈരാഗ്യം ഈ വൈരാഗ്യത്തിലൂടെയും എങ്ങോട്ട് കടക്കണം ഇങ്ങോട്ടാണ് കിടക്കേണ്ടത് ഭക്തി ഭക്തിയിലേക്ക് കിടക്കുക ആ ഭക്തിയുടെ വിഷയമാണ് ഈശ്വരൻ ബ്രഹ്മം എന്ന് പറയുന്നത് ഭക്തിയുടെ വിഷയം ഭക്ത്യാത്വ അനന്യാലഭ്യ അനന്യാലഭ്യ അഹം ഏതോർജുന എന്ന് കൃത്യമായി ഗിരി പറഞ്ഞിരിക്കുകയാണ് ഭക്തിയാലഭ്യ അതാണ് പറഞ്ഞിരിക്കുന്നത് ഭക്തി ഏക ഗോചരഹ എന്ന് പറയുന്നത് തത്വജ്ഞാനം വേണ്ടെന്ന് പറയുന്നില്ല തത്വജ്ഞാനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിനുള്ള ഇത്രയും ഗ്രന്ഥങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ആ തത്വജ്ഞാനം എന്ന് ഭക്തിയുടെ ഒരു ഉപായം മാത്രം ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാൾ അപ്പോ ഭക്തിയുടെ ആ ഭക്തി ഭക്തിയെക്കുറിച്ച് ഇദ്ദേഹം ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയും മഹത്വത്തിൻ്റെ നിരന്തരമായ ധ്യാനം മഹത്വത്തിൻ്റെ നിരന്തരമായ ധ്യാനമാണ് ഭക്തി എന്ന് പറയും അത് അസാധ്യമായതുകൊണ്ടാണ് എല്ലാവർക്കും സാധിക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെ പ്രപത്തി എന്ന് പറയുന്നു ഭക്തിയിൽ ഒരു കാര്യമേ ഉള്ളൂ എന്താണ് കേവലം ധ്യാനം മാത്രമേ ഉള്ളൂ ഭക്തിയിൽ നമ്മുടെ ഈ പാട്ടും കൂത്തും ചണ്ടേടിയൊന്നും ഭക്തിയിലില്ല അതൊക്കെ എവിടെയാ വരുന്നത് പ്രഭക്തിയിലാണ് വരുന്നത് ഭക്തിയിൽ കേവലമായ ധ്യാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഭക്തികോചട്ടെന്ന് കൂടെ പറഞ്ഞത് പിന്നെ മറ്റേ കൂടെ അംഗീകരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞതാണ് അത് ഇനിയും സന്ദർഭം വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം നാരായണ പരമ്പ്രഹ്മാണ് നാരായണ നാരാഹ അയനം യസ് എന്നും നാരായണാം അയനം എന്നും കൊടുക്കാം അതിന് ഇദ്ദേഹം തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു നാരാഹ എന്ന് വെച്ചാൽ ഈശ്വരൻ ഒഴികെയുള്ള ബാക്കി സർവവും നാരാഹ് ജീവന്മാർ മാത്രമല്ല കാരണം എന്താണ് ഇതെല്ലാം ഈശ്വരന്റെ ശരീരമാണ് അത് അയനമായിരിക്കുന്നത് സ്വരൂപം എന്നുള്ള അർത്ഥം കൊടുക്കും പ്രാപിക്കുക എന്നുള്ള അർത്ഥം കൊടുക്കുന്നുണ്ട് സ്വരൂപമാകാം കാരണം ഇതെല്ലാം ഈശ്വര സ്വരൂപമാണ് ഇതിൻ്റെ എല്ലാം സ്വരൂപം ഈശ്വരനാണ് ഇത് സ്വരൂപമായിരിക്കുന്ന ആരുടെ ഈശ്വരന്റെയാണ് രണ്ടു തരത്തിലും എടുക്കും അയനത്തിന് സ്വരൂപവും എന്ന് വെച്ചാൽ ഇത് ഈശ്വരന്റെ സ്വരൂപം എന്ന് വെച്ചാൽ ഈശ്വരന്റെ ശരീരം അതിൽ ഇവിടെ ഇവർക്ക് ഒരു സംശയമുണ്ട് ഇതെല്ലാം ഈശ്വരന്റെ ശരീരമാണ് ഈശ്വരന്റെ ശരീരം എന്ന് വെച്ചാൽ ഈശ്വരൻ തന്നെ കാരണം എന്തുകൊണ്ടത് ഈശ്വരൻ എന്ന് പറയുന്നത് ശരീര വിശിഷ്ടനാണ് അതുകൂടെ മനസ്സിലാക്കി ഈശ്വരന്റെ ശരീരം എന്ന് പറയുമ്പോൾ ഈശ്വരൻ വേറെ ശരീരം വരെ എന്നുള്ള അർത്ഥം ഇവിടെ ഇല്ല കാരണം വിശിഷ്ടമായ ജ്ഞാനത്തെ അംഗീകരിക്കുന്നു ഈശ്വരന്റെ ശരീരം എന്ന് പറയുമ്പോൾ ശരീര വിശിഷ്ടനാണ് ഈശ്വരൻ അപ്പൊ അതീശ്വരൻ തന്നെയാണ് ഏത് അല്ല ഇവിടെ പറയുന്ന ജഗത്തിനെ സംബന്ധിച്ച് ഈ ജഗത്ത് എന്ന് പറയുന്ന പ്രകൃതിയുടെ പരിണാമമാണ് ജഗത്ത് അത് ഈശ്വരൻ്റെ ശരീരമാണ് ഈ ശരീരവിഷ്ണനാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈശ്വരൻ തന്നെ ഇത് ഇനി അവിടെ ഈശ്വരന് നിത്യവിഭൂതി എന്ന് പറയുന്നിടത്ത് ഒരു ഈശ്വര ശരീരമുണ്ട് ശുദ്ധസാത്വികമായ ജ്ഞാനസ്വരൂപമായ ഒരു ശരീരം അത് വേറെ അതിനാണ് നിത്യവിഭൂതി എന്ന് പറയുന്നത് അതും ഈശ്വരൻ്റെ ശരീരമാണ് ഇതിനാണ് പറയുന്നത് ലീലാവിഭൂതി രണ്ടും അംഗീകരിക്കും പിന്നെ ഇതുകൂടാതെ എന്താണ് ഇതിനെല്ലാം അന്തര്യാമിയായി ഈശ്വര സ്ഥിതി ചെയ്യുന്നുണ്ട് സർവത്തിൻ്റെ നിയാമകനായി അതേ ഈശ്വരൻ തന്നെ സ്ഥിതി ചെയ്യുന്നു ചൈതന്യ രൂപം അപ്പോൾ ഇവിടെ വിഷയം ഇതാണ് ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റും നിങ്ങൾ പ്രമാണത്തിലൂടെയാണ് നിങ്ങൾ ഇതിനെയൊക്കെ അംഗീകരിക്കില്ലെങ്കിൽ ഇതും അംഗീകരിച്ചത് ഇതിനും പ്രമാണമാണ് പ്രമാണങ്ങൾ അംഗീകരിച്ചാൽ ഇത് അംഗീകരിക്കേണ്ടി വരും പ്രമാണം എന്ന് വെച്ചാൽ ശ്രുതി സ്മൃതി പുരാണം ഇതിഹാസം ഇതൊക്കെ പ്രമാണമാണ് അപ്പോൾ ഈ പറയുന്നു അംഗീകരിച്ച വെച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആരായി മാറണം ചാർവാകന്മാരായി മാറണം അല്ലെങ്കിൽ ഇതൊക്കെ അംഗീകരിച്ച് നിങ്ങൾക്ക് പ്രമാണം കൊണ്ട് നിർഗുണമായൊരു തത്വത്തെ അനുവചനീയമായ മായയെ ഒക്കെ സ്വീകരിക്കാമെങ്കിൽ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെയൊക്കെ സ്വീകരിക്കാമെങ്കിൽ അതേ പ്രമാണം കൊണ്ട് ഇതിനെയും സ്വീകരിക്കാം എന്താ കുഴപ്പം അങ്ങനെ നിങ്ങൾ മെടുക്കന്മാരായുള്ള കാര്യമുണ്ട് ഇതാണ് രാമാനുചാരി പറയുന്നത് അങ്ങനെ നാരായണം പരബ്രഹ്മ അങ്ങനെയുള്ള പരബ്രഹ്മസ്വരൂപനായ നാരായണനാണ് ഗീതാശാസ്ത്ര സമീരിത എന്നാണ് രാമനാചാര്യം പറയുന്നത് ഇത് പൊതുവായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഉള്ളൂ ഇതിൽ